ം മുപ്പത്തി ഒന്ന് ആ കാലത്ത് ഞാൻ ഇസ്രയേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഞാൻ ഇസ്രയേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു യഹോവ ദൂരത്തുനിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയാ ദീർഘമാക്കിയിരിക്കുന്നു ഇസ്രയേൽ കന്യകെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും നീ ഇനിയും ശമരിയാ പർവ്വതത്തിൽ മുന്തിരിത്തോട്ടം കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും എഴുന്നേൽപ്പിൻ നാം സിയോനിലേക്ക് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കയറിപ്പോക എന്ന് കാവൽക്കാർ യഫ്രൈം മലനാട്ടിൽ വിളിച്ചുപറയുന്ന നാൾ വരും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പി ജാതികളുടെ തലവനെക്കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവീൻ ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് യഹോവി ശേഷിപ്പായിരുന്ന നിജനത്തെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു ഞാനവരെ വടക്കുദേശത്തുനിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവു കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങിവരും അവർ കരഞ്ഞും വരും യാചിക്കുന്നവരായി ഞാനവരെ കൊണ്ടുവരും അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും ഞാൻ ഇസ്രയേലിന്റെ പിതാവും യഫ്രയും എന്റെ ആദ്യ ജാതനുമല്ലോ ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ ഇസ്രയേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നതുപോലെ അവനെ കാക്കുമെന്ന് പറവീൻ യഹോവയാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ അവനെ രക്ഷിച്ചിരിക്കുന്നു അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും ധാന്യം വീഞ്ഞ എണ്ണ കുഞ്ഞാടുകൾ കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും അവർ ഇനി ക്ഷീണിച്ച് പോകയില്ല അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും ഞാനവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പൊക്കി സന്തോഷിപ്പിക്കും ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടികൊണ്ട് തണുപ്പിക്കും എന്റെ ജനം എന്റെ നന്മ തൃപ്തി പ്രാപിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ റാഹേൽ തന്റെ മക്കളെക്കുറിച്ച് കരയുന്നു അവർ ഇല്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ ഓർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും അവർ ശത്രുവിന്റെ ദേശത്തുനിന്ന് മടങ്ങിവരുമെന്ന് യഹോവയുടെ അരുളപ്പാട് നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിവരുമെന്ന് യഹോവയുടെ എരുളപ്പാട് നീ എന്നെ ശിക്ഷിച്ചു മരിക്കമില്ലാത്ത കാളക്കുട്ടിയെപ്പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു ഞാൻ മടങ്ങി എന്നെ മടക്കി വരുത്തേണമേ നീ എന്റെ ദൈവമായ യഹോവയല്ലോ ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ചു നാണിച്ചും ലജ്ജിച്ചുമിരിക്കുന്നു എന്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രയും വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു എഫ്രയും എന്റെ വാത്സിലെ പുത്രനോ ഓമനക്കുട്ടിയോ ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു അതുകൊണ്ട് എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് നിനക്ക് അടയാളങ്ങളെ വയ്ക്കുക കൈചൂണ്ടികളെ നാട്ടുക നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക ഇസ്രയേൽ കന്യകെ മടങ്ങി വരിക നിന്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക വിശ്വാസത്യാഗിനിയായ മകളെ നീ എത്രത്തോളം ഉഴന്നു നടക്കും യഹോവദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാനവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതിനിവാസമേ വിശുദ്ധ പർവ്വതമേ യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് പറയും അതിൽ യഹൂദയും അതിന്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളോടു കൂടെ സഞ്ചരിക്കുന്നവരും ഒരുപോലെ പാർക്കും ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവനും ഞാൻ തൃപ്തി വരുത്തും ഇതിങ്കൽ ഞാൻ ഉണർന്ന് എന്റെ നിദ്ര എനിക്ക് സുഖകരമായിരുന്നു എന്ന് കണ്ടു ഞാൻ ഇസ്രയേൽ ഗ്രഹത്തിലും യഹൂദ ഗ്രഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട് അന്ന് ഞാൻ പറപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ ണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോബയുടെ അരുളപ്പാട് അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറകയില്ല ഓരോരുത്തൻ താൻ തന്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നത് പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പുളിക്കുകയുള്ളു ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിശ്രൈം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല ഞാൻ ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഇനി അവരിലാരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപമിനി ഓർക്കയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവയെന്ന് നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രയേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതിയാഘാതവണ്ണം മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ ഇപ്രകാരം മീതെ ആകാശത്തെ അളക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും കഴിയുമെങ്കിൽ ഞാനും ഇസ്രയേൽ സന്തതിയെ ഒക്കെയും അവർ ചെയ്ത സകലവും നിമിത്തം തള്ളിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഈ നഗരം ഹനനേൽ ഗോപുരം മുതൽ കോൺവാതിൽ വരെ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട് അളവു ചരട് പിന്നെയും നേരെ ഗാരേക്കുന്നിലേക്ക് ചെന്ന് ഗോവഹിലേക്ക് തിരിയും ശവങ്ങൾക്കും വെണ്ണീറിനുമുള്ള താഴ്വര മുഴുവനും ഖിദ്രൻ തോടുവരെയും കിഴക്കോട്ട് കുതിരവാതിലിന്റെ കോൺ വരെയുമുള്ള നിലങ്ങൾ മുഴുവൻ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും